പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഒ മനുഷ്യരെ നിങ്ങളെ ഒരാളിൽ നിന്ന് സൃഷ്ടിക്കുകയും അവളിൽ നിന്ന് അവളുടെ ഇണയെ സൃഷ്ടിക്കുകയും അവരിലൂടെ ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്ത നിങ്ങളുടെ രക്ഷിതാവിന് നിങ്ങൾ ഭയപ്പെടുവീൻ നിങ്ങൾ ആരുടെ നാമത്തിലാണ് പരസ്പരം ചോദിക്കുന്നത് അങ്ങനെയുള്ള അള്ളാഹുവിനെയും കുടുംബ നിങ്ങൾ ഭയപ്പെടുവീൻ തീർച്ചയായും അല്ലാഹു സുബഹാനഹൂവ തയാരാ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു